അധ്യായം അഞ്ച് വിളിച്ചു നോക്കുക ഉത്തരം പറയുന്നവനുണ്ടോ നീ വിശുദ്ധന്മാരിൽ ആരെ ശരണം പ്രാപിക്കും നീരസം പോഷനെ കൊല്ലുന്നു ഈർഷ്യ മൂഢനെ ഹിംസിക്കുന്നു മൂഢൻ വേരൂന്നുന്നത് ഞാൻ കണ്ടു ക്ഷണത്തിൽ അവന്റെ പാർപ്പിടത്ത് ശപിച്ചു അവന്റെ മക്കൾ രക്ഷയോടകന്നിരിക്കുന്നു അവർ രക്ഷകനില്ലാതെ വാതുക്കൽ വച്ച് തകർന്നുപോകുന്നു അവന്റെ വിളവ് വിശപ്പുള്ളവൻ തിന്നുകളയും മുള്ളുകളിൽ നിന്നും അതിനെ പറിച്ചെടുക്കും അവരുടെ സമ്പത്ത് ദാഹമുള്ളവർ കപ്പിക്കളയും അനർത്ഥമുദ്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല കഷ്ടത മുളയ്ക്കുന്നത് നിലത്തുനിന്നുമല്ല തീപ്പൊരി ഉയരപ്പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു ഞാനോ ൈവത്തിങ്കലേക്ക് നോക്കുമായിരുന്നു എന്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു അവൻ ഭൂതലത്തിൽ മഴ പെയ്യ്ക്കുന്നു വയലുകളിലേക്ക് വെള്ളം വിടുന്നു അവൻ താണവരെ ഉയർത്തുന്നു ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു അവരുടെ കൈകൾ ിക്കുകയുമില്ല അവൻ ജ്ഞാനികളെ അവരുടെ കൌശലത്തിൽ പിടിക്കുന്നു വക്രബുദ്ധികളുടെ ആലോചന മറിഞ്ഞുപോകുന്നു പകൽ സമയത്ത് അവർക്ക് ഇരുൾ നേരിടുന്നു ഉച്ചസമയത്ത് അവർ രാത്രിയിലെന്നപോലെ തപ്പി നടക്കുന്നു അവൻ ദരിദ്രനെ അവരുടെ വായെന്ന വാളിങ്കൽ നിന്നും ബലവാന്റെ കൈയിൽ നിന്നും രക്ഷിക്കുന്നു അങ്ങനെ എളിയവന് പ്രത്യാശയുണ്ട് നീതികെട്ടവനോ വായ്പൊത്തുന്നു ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത് അവൻ മുറിവേൽപ്പിക്കുകയും മുറികെട്ടുകയും ചെയ്യുന്നു അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു ആറു കഷ്ടത്തിൽ നിന്ന് അവൻ വിടുവിക്കും ഏഴാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല ക്ഷാമകാലത്ത് അവൻ നിന്നെ മരണത്തിൽ നിന്നും യുദ്ധത്തിൻ്റെ വാളിന്റെ വീട്ടിൽ നിന്നും വിടിവിക്കും നാവെന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനാകും നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല നാശവും ക്ഷാമവും കണ്ട് നീച്ചിരിക്കും കാട്ടുമൃഗങ്ങളെ നീ പേടിക്കുകയില്ല വയലിലെ കല്ലുകളോട് നിനക്ക് സഖ്യതയുണ്ടാകും കാട്ടിലെ മൃഗങ്ങൾ നിന്നോട് ഇണങ്ങിയിരിക്കും നിന്റെ കൂടാരം നിർഭയമെന്ന് നീ അറിയും നിന്റെ പാർപ്പിടം നീ പരിശോധിക്കും ഒന്നും കാണാതെയിരിക്കേയില്ല നിന്റെ സന്താനം അസംഖ്യമെന്നും നിന്റെ പ്രജ നിലത്തെ പുല്ലുപോലെയെന്നും നീ അറിയും തക്ക സമയത്ത് അടുക്കി വയ്ക്കുന്നതുപോലെ നീ പൂർണ കല്ലറയിൽ കടക്കും ഞങ്ങളത് ആരാഞ്ഞുനോക്കി അത് അങ്ങനെ തന്നെ ആകുന്നു നീ അത് കേട്ട് ഗ്രഹിച്ചു കൊള്ളുക